അവളോട് പറയപ്പെട്ടു നീ കൊട്ടാരത്തിൽ പ്രവേശിക്കൂ അവളത് കണ്ടപ്പോൾ അതൊരു വെള്ളക്കെട്ടാണെന്ന് കരുതി തൻറെ കാലുകൾ തുറന്നു അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഇത് കണ്ണാടികൊണ്ട് മിനുക്കിയെടുത്ത ഒരു കൊട്ടാരമാണ് അവൾ പറഞ്ഞു എന്റെ രക്ഷിതാവേ തീർച്ചയായും ഞാൻ എന്നോടുതന്നെ അക്രമം ചെയ്തു ലോകരക്ഷിതാവായ അള്ളാഹു സുബാനഹുവലാക്ക് സുലൈമാൻ അലഹിസ്സലാമിനോടൊപ്പം ഞാൻ കീഴടങ്ങുന്നു